ഉപദ്രവത്തിനും കൊഫ്രിനും വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും മുമ്പ് അള്ളാഹുസുബഹാനഹുവച്ചായാലയ്ക്കും അവന്റെ റസൂലിനും എതിരെ യുദ്ധം ചെയ്തവർക്കായി ഒരു കേന്ദ്രമൊരുക്കാനും ഒരു പള്ളി നിർമ്മിച്ചവരുണ്ട് ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അവർ സത്യം ചെയ്യും എന്നാൽ അവർ തീർച്ചയായും കള്ളം പറയുകയാണെന്ന് അള്ളാഹുസുബാനഹുവ ചായാല സാക്ഷ്യപ്പെടുത്തുന്നു